ശ്രീ ഹുമാനന്ദ്രകരമായി മാസത്തിന് മുമ്പ് നൈവൽ പ്രത്യേക ജനപരം ഒരു പാഠൊക്കെ കൊടുത്തിരിക്കുന്നു മക്കളെ കേന്ദ്ര പോലെ അങ്ങനെ ഒരു പാഠം ഏതോ പുസ്തകത്തിലുണ്ടെങ്കിൽ കൊടുക്കും അർത്ഥത്തിൽ വ്യാസ പക്ഷെ പ്രചരിച്ചിരിക്കുന്ന പാഠങ്ങൾ ഇല്ല ഇല്ല ഭാഷക്കുന്നത് അങ്ങനെ പാഠമുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇതിന്റെ ഡിപ്പടി വഴിയാണ് അങ്ങനെ ഒരു പാഠമാണെന്ന് സമർപ്പിക്കുന്നു അല്ലാതെ വ്യക്തമായിട്ടുള്ള ഒരു പാഠമുണ്ടെന്ന് പറയാനെവിടെങ്കിലും ബുക്ക് അങ്ങനെ നടന്നു പഴയ അതുപോലെ പലയിടത്തും ഇവിടെ പാഠഭേദം കാണിക്കുന്നു പക്ഷെ പ്രസിദ്ധമായി നടക്കുന്ന പാഠം അങ്ങനെയല്ല ത്യാസമില്ല അതുകൊണ്ടങ്ങനെ ആയാലും കുഴപ്പമില്ല അപചോധന വിഷയവും ചെയ്യോ അധ്യായത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ അർജുനന്റെ ശ്ലോകത്ത് കാണിച്ചു ഇവിടെ ശ്ലോകത്തെ അപരോദന ഇല്ലാതാതെ അതാണ് ഈ അദ്ദേഹത്തിന് അർജുനന്റെ ശ്ലോകത്വമാറ്റ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ അവസാനമാണ് സഞ്ജയ് വിവാദ എന്ന് പറഞ്ഞാൽ ഒരു സത്യം പറയുന്നത് ഇവിടെ വീണ്ടും സഞ്ജയ് വിവാദ അത് അതിന്റെ തുടർച്ചയെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കാരണം അവിടെ അതൊരു സഞ്ജയം പറഞ്ഞല്ലേ സഞ്ജയം പറഞ്ഞു ഇത് പറഞ്ഞല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഒരു പുതിയ അധ്യായമായിരുന്നു ഇതിന്റെ ആഗ്രഹത്തിൽ സഞ്ജയവാച ചേർത്തു എന്നുള്ളവരെയുണ്ട് അല്ലെങ്കിൽ അതിന്റെ ആവശ്യം ഇവിടെ വേറെ പറയാനേ ഇല്ല അല്ലെങ്കിൽ സഞ്ജയം അല്ലെങ്കിൽ ഭഗവാൻ പറയും സഞ്ജീവിക്കുന്നു ഏത് ഉണ്ടോ കഷകരത്തിൽ പറയുന്നത് സജീവാക്യ അനിച്ഛയം സജീവവാചിയെ നിർദ്ദേശം അധ്യായം അധ്യായ ആനന്ദ രൂപതയാ ഇപ്പൊ പറയണം പക്ഷിക്കാരൻ പറയുന്നു എല്ലാ ത്ലോകനുണ്ട് ഇരുപത്തി മൂന്ന് ശ്ലോകമുള്ള വ്യാഖ്യാനങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിന് രണ്ട് ശ്ലോകം തരികയും ഇതില് ഈ ഭാഗത്ത് അതായത് അടുത്ത് ഭഗവാൻ ഗീത ഉപദേശിക്കുന്നവരെയുള്ള ഭാഗങ്ങളുമായിരിക്കുമ്പോൾ ഞാൻ വ്യാഖ്യാനിക്കുന്നത് ഈ ഭാഷകാരന്റെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് വ്യാഖ്യാനം സങ്കരഭാഷ്യത്തിൽ അങ്ങനെ ഒരു ഈ ഭാഷകാരന്റെ കാഴ്ചപ്പാട് വെച്ച് വ്യാഖ്യാനിക്കുമ്പോ ഇവിടെ ആധുനിക വ്യാഖ്യാനാക്കന്മാരും വ്യാഖ്യാനിക്കുന്നു അതുപോലെ ഇത് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല കാരണം ഇത് പത്തായിരം വർഷത്തിനും ഭാഷയാണ് ആ ഭാഷ്യത്തിനനുസരിച്ച് എന്നെ വ്യാഖ്യാനിക്കും പക്ഷെ ആ ഭാഷ്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുമെന്ന് അരോചകമായിപ്പോ അതെന്റെ കുറ്റമാണ് ആത്മീയ വ്യാഖ്യാനകന്മാരും എല്ലാം തന്നെ ഇവിടെ കൃത്രിമ വ്യാഖ്യാനമാണ് സൃഷ്ടിക്കുന്നത് വ്യാഖ്യാനോട് തോന്നി മിക്കവാറുമെല്ലാം കൃത്രിമ വ്യാഖ്യാനം എല്ലാ ആത്മീയ ആചാര്യന്മാരാണ് വ്യാഖ്യാനികൾ പക്ഷെ ഇവിടെ ഭാഷകാരണം എന്നുള്ളത് പോലെ പറഞ്ഞിരിക്കുകയാണ് ഒരു കൃത്രിമത്വമില്ല അപ്പൊ അതനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോ അത് ഗീതയുടെ ഗരിമ മഹത്വം അതിനർത്ഥം കുറവായി തന്നത അതും മനസ്സിലിരിക്കും ഈ പറയുന്ന എപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നു ഇതിലോപദേശ സ്വഭാവങ്ങൾ ആത്മീയമായും ഇതിന് ഭൗതികമായും ഇതിന് നാസ്തികന്മാർ കൂടി സ്വീകാര്യമായി ആശയങ്ങളിൽ ജനിച്ചു ആർക്ക് സ്വീകരിക്കും അതുകൊണ്ടാണ് ജീവിതത്തിലെ പ്രചാരങ്ങൾ ആത്മീയതയില്ലാത്തവന് സ്വീകരിക്കാത്തക്ക ആശയങ്ങൾ സർവസമ്മതമായ ആത്മീയക്കാർക്കും ആത്മീയതയില്ലാത്തവർക്ക് സ്വീകരിക്കാനുള്ള ആശയങ്ങൾ ജീവക്കാർക്ക് പക്ഷെ ഈ ഭാഗങ്ങൾ വരുമ്പം ഭാഷമനുസരിച്ചാണ് എന്തൊക്കെ സിദ്ധിക്കുന്ന മനുഷ്യർക്കൊന്നും സ്വീകരിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ അവിടെ പറയും അത് വായിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും പക്ഷെ ഗീതയെ മൊത്തം സാധൂകരിക്കുന്നതിന് വേണ്ടി ന്യായീകരിക്കുന്നതിന് വേണ്ടി ആൾക്കാർ വിദ്യാഭ്യാസങ്ങളൊക്കെ ആർജവും ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ പറയും നമ്മളിപ്പോ അത്യാവശ്യത്തിന് ആരെങ്കിലുമൊക്കെ പറ്റിച്ചാലോ അവനവനോട് സന്തസന്നത് അവർ ജീവിക്കണോ എന്നുള്ള ഒരു പ്രധാന കാര്യം അങ്ങനെയാണെങ്കിൽ ഭാഷ ശരിയാണോ അതിനനുസരിച്ച് വ്യാഖ്യാനങ്ങളൊന്നും നിങ്ങൾക്ക് പിടിക്കത്തില്ല ചിലപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിന് പിടിക്കത്തില്ല അതൊന്നും എന്നെ പ്രതികൂട്ടി നിർത്തരുത് നീജലെഴുതിയിരിക്കുമെന്ന് ഞാൻ പറയുന്നു അത് വിശദീകരിക്കുന്നു മാത്രമേ മനസ്സിലാക്കാവൂ വിധു മനസ്സിൽ വെച്ചു അതായത് യുദ്ധം എന്ന് പറയുന്ന വിഷയം വിധുനിനി പ്രേമകുന്ന ആശയങ്ങൾ ആത്മീയമായ ആശയങ്ങൾ യുദ്ധവുമായിട്ട് ചേരുന്നാലും അത് എവിടെ വന്നാലും ശരി അതിന്റെ ഇടയ്ക്ക് വന്നാലും ആദ്യം വന്നാലും അവിടെയാണ് പ്രശ്നം യുദ്ധം എന്ന് പറയുന്നതിന് ലോകത്ത് നടക്കുന്നുണ്ടെങ്കിലും അത് ആധുനിക മനുഷ്യന് സമ്മതമായൊരു കാര്യമായി പല കാരണങ്ങൾ കൊണ്ട് അത് നടക്കുന്നുണ്ട് പിന്നെ തീരെ എഴുതിയ കാലം എന്ന് പറയുന്നത് യുദ്ധങ്ങളുടെ കാലമാണ് ആ കാലഘട്ടത്തിൽ യുദ്ധത്തെ കുറിച്ച് പറയുന്ന ന്യായീകരണം എല്ലാം അന്ന് ശരിയായി അമ്പത് കൂടിയേ കഴിഞ്ഞു കാരണം യുദ്ധം അന്ന് ധർമ്മമാണ് എന്തുകൊണ്ട് ജാതുരോൻ്റെ വ്യവസ്ഥയും യുദ്ധക്ഷത്രീയ ധർമ്മമാണ് ചെയ്തേ പറ്റും അത് നിർത്തിയാണ് കൂടെ പാഷുകാരൻ രേഖായത് അതുപോലെ പറയുന്നത് വലിയ പ്രയാസമുള്ളത് പറയാൻ പറ്റില്ല പറഞ്ഞാൽ ഗീത ആൾക്കാർ തള്ളിയില്ല ഗീതയ്ക്കൊരു ഭാവിയാണെങ്കിൽ ഗീതയിൽ നിന്നും ഈ യുദ്ധത്തെടുത്ത് മാറ്റണം ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അത് പ്രത്യേകിച്ച് ഞാൻ അതുകൂടെ പറയും ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും ഇവിടെ ക്ലൈബിന്നു ഭക്ഷിക്കാൻ ഇവിടെ വ്യാഖ്യാതാവുന്ന ക്ലൈബ് നിങ്ങൾ കാത്തരിയം ഇടയ്ക്കുള്ള താഴെ വ്യാഖ്യാനം ഞാൻ വായിക്കും തരിയോ ദുഃഖം ഒന്നാണ് വെച്ചാൽ സാറിന് പറയുന്ന ക്ലീപത ആണും പെണ്ണും കെട്ടാവസ്ഥ അങ്ങനെയൊക്കെയാണ് പലരും വ്യാഖ്യാനം ചെയ്യുന്നത് പക്ഷെ ഇവിടെ പറയുന്ന അതിനു അത് എന്താണെന്നൊരു നല്ല വ്യാഖ്യാനമാണ് സേഫായിട്ടുള്ളൊരു വ്യാഖ്യാനമാണ് മറ്റേ വിവാദങ്ങളിലേക്കൊപ്പം അതിപ്പോ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയൊക്കെ പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റല്ല ദ്രവ്യത്തിന് എന്തായാലും ഒരു അർത്ഥമുണ്ട് ആ അർത്ഥം ഇവിടെ പറഞ്ഞു മാഗം ദുഃഖിക്കരുത് വളരെ സിമ്പിൾ സൗന്ദര്യ ദൈവത്വത്തിന്റെ ഭാഷ്യമാണ്ശ്ലബ്യത്തിന്റെ പ്രത്യേക ഒരു അർത്ഥം ഇവിടെ പറഞ്ഞുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത് ഇങ്ങനെല്ലാം ഉപദേശിച്ചില്ല ഉപവിഷ്ടിഷ്ടെ പാർത്ഥന പ്രാർത്ഥനയിരുന്നു കഴിഞ്ഞു എന്താ അവസാനിപ്പിച്ച് കുത്തവയും അസ്ഥാനേ സമൂഹത്തിലെ ശ്ലോക എവിടെ നിന്ന് വന്നു അസ്ഥാനത്ത് പന്തുചേർന്ന ഈ ശ്ലോകം ഇത്യാക്ഷാക്ഷേപിച്ചിട്ട് അതിനാക്ഷേപിച്ചിട്ടാണ് ശ്ലോകം ചെയ്യുന്നത് സമയത്ത് ശ്ലോകം വന്ന് ശരിയല്ല യുദ്ധം ചെയ്യാനായിട്ട് വന്നോളും യുദ്ധം ചെയ്യണം വൃദ്ധിക്കാൻ പറ്റുന്നു ി പറയുന്നത് കൃപ്പായ അനന്ത ആദ്യം കൃപയുണ്ടായി താൻ കൊല്ലാൻ പോകുന്നവരോട് കരുണ്യമുണ്ടായി അത് കഴിഞ്ഞ് വിഷാൻ ദുഃഖമുണ്ടായി പാഠഭേദമില്ല നമുക്ക് അർത്ഥം ചിലപ്പോൾ പറയാമെന്നൊന്നും സ്വീകരിക്കില്ല ഭാഗ്യാവും ആശയ മനസ്സിലാക്കിയത് അപ്പൊ ഇവിടെ അശ്രപൂർണ്ണാപരീക്ഷണം എന്ന് പറയും അതെന്താണ് ഇവിടെ പറയുന്നത് ബാഹ്യശോമീന അതാണ് ബ്രാഗറ്റം അപ്പോൾ ദുഃഖം ആദ്യം മുന്നിൽ വരും ഇവരെയൊക്കെ കൊണ്ടേണ്ടി വരുന്നല്ലോ എന്നുള്ള ദുഃഖം ബന്ധുസ്നേഹങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള കരയും അത് ബാഹ്യ ദുഃഖം മറ്റൊന്ന് ആന്തരികം ദുഃഖം ബാഹ്യമായി പ്രകടമാകുന്നു എന്നാണ് അനുവേണ്ടിയിട്ടാണ് അത് സ്വാഭാവികമാണ് അത് പ്രത്യേകിച്ച് കാര്യമില്ല നമുക്കറിയാവുന്ന കാര്യമാണ് അതിന് മുന്നിലൊന്നും പ്രകടമാവും ം അവിടെ ഭരപൂർവ്വ അധ്യായമുക്തരീതി വിഷാദം പ്രാപ്ത മധുഖം ദുഃഖത്തോടുകൂടി ഇരുന്നവൻ ചില പദങ്ങൾക്ക് വേറെ മധുസൂചന ശബ്ദയുടെ ശ്ലോകമൂല രജസ്തമോ നിർവഹണത്ത് സൂചിത മധുപേടഭന്മാരം ഉള്ളവൻ മധുസൂദന സൂദനത്തിന് അനുസരിച്ചാണ് മധു കൈഡവന്മാരെന്ന് പറയുന്നത് രജസൻ തമസമാണ് രജസൻ തമസം നശിപ്പിച്ചതാണ് അതാണോ പറഞ്ഞത് ശോകം മൂലം നമ്പ ശോകത്തിന് കാരണമായിരിക്കുന്നത് രജസ തമസമാണ് അതിനെ ആധ്യാത്മികമായിരുന്നത് ശരിയാണ് ശോകത്തിന് കാരണമായിരിക്കുന്നത് രജസം തമസമാണ് പക്ഷെ സന്തോഷത്തിന് കാരണം എന്താണെന്ന് ദുഃഖത്തിന് കാരണം എന്താണെന്ന് ഭയത്തിന് കാരണം എന്താണെന്ന് വെച്ച് ആന്തരികമായ കാരണങ്ങളുമുണ്ട് ബാഹ്യമായ കാരണങ്ങളും ആന്തരികമായി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് സാങ്കൽമാ സിദ്ധാന്തമനുസരിച്ച് ഇതിൻ്റെ എല്ലാം കാരണം സത്യം തമസ് സന്തോഷം വരുന്നതിന് സത്വമാണ് മറ്റ് ഹേയങ്ങളായി ഉപേക്ഷിക്കേണ്ടതായ ഈ കാലങ്ങൾ വരുന്നതിന് ഭാരതും തമസ് അത് ശരിയാണ് പക്ഷെ ഇവിടെ ഇപ്പോ അതല്ല പ്രധാനം ഇവിടെ എന്താണ് ബാഹ്യമായ വിലത്തവൻ്റെ സത്യത്തിന്റെ ഇസും തമസം കൊണ്ട് അതൊന്നും തള്ളിക്കയറി അർജുനൻ കരയുന്നതല്ല അർജുനൻ കരയുന്നതിന് ബാഹ്യമായ മിന്നുകൊണ്ട് എന്റെ ബന്ധുക്കളെ കൊല്ലേണ്ടി വരുന്നു അതാണ് ഇവിടെ പ്രാധാന്യം ഹിംസ അതാണ് ഹിംസ എന്ന് പറയുന്ന ആശയം അതിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനാണ് ഈ പറയുന്ന വ്യാഖ്യാനം ഹിംസ എന്ന് പറയുന്നതിനെ ഒഴിവാക്കിയിട്ട് അവിടെ റേസ് സത്വം പറഞ്ഞു കഴിഞ്ഞാൽ അത് സന്ദർഭത്തിന് യോഗിക്കുന്ന അർജുനനെ ദുഃഖിപ്പിക്കുന്ന തുടർന്ന് പറഞ്ഞ കാര്യങ്ങളും പറയുന്നതായിരുന്നു അർജുനൻ ദുഃഖിപ്പിക്കുന്നത് അതെ രജസിനെയും തമസിനെയും നശിപ്പിക്കുന്നവനാണ് അപ്പൊ അർജുനന്റെ ഉള്ള വരുന്ന രജസൻ തമസം നശിപ്പിക്കും എന്തിന് അർജുന രജസൻ തമസം കൊണ്ടാണ് ചെയ്യുന്നത് ദുഃഖിക്കുന്നത് അതാണ് ഈ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ ഇതുവരെ വിശ്വസിക്കുന്നത് അപ്പോ അർജുനൻ ദുഃഖിക്കുന്നത് രഹസ്യം ദിവസം കൊണ്ടല്ല അത് എന്താണ് സംഘ്യ സിദ്ധാന്തം അനുസരിച്ചത് കാരണവും അർജുനൻ ദുഃഖിക്കുന്നതിന് പ്രധാന കാരണം ബന്ധുക്കളെ കൊണ്ടും ഒറ്റ പ്രശ്നമാണ് അർജുന വേറൊന്ന് ഹിംസ എന്ന് പറയുന്ന ഒരു ആശയമാണ് അടച്ചിന്തുസമാണ് അതാണ് ഈ പ്രമിഷ്ഠേ വാർത്ഥം അസ്ഥാനി അസ്ഥാനിക്കൽ അസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തിന് ഞായറായും ഹിംസയത്തിൽ ചെന്നെങ്കിലും യുദ്ധത്തിൽ നിന്ന് പിന്മാറി അത് പിന്മാറും കഴിഞ്ഞു പൂർണ്ണമായും ആയുധം ഉപേക്ഷിച്ച് ഇരുന്നുവരും അണസ്ഥാനം സമൂഹസ്ഥിതവഹി ആക്ഷിക്കുക അതിനാക്ഷേപിക്കുക ശരിയായ കാര്യമല്ല കശ്മനത്തിൽ കശ്മനോ എന്ന് പറയുന്നതിനോട് പറയുന്നു മൂർച്ഛാകർ മൂർച്ചബോ മൂർച്ചയുടെ പ്രതിഷ്ടപ്പെ അതുപോലൊരവസ്ഥ അർജുനന്റെ ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്താണ് അർജുനന് വേണ്ട ബോധം യുദ്ധം ചെയ്യണം അർജുനൻ യുദ്ധം ചെയ്യാൻ നിർബന്ധിതനാണ് ഇതുകൊണ്ട് എന്താണ് കേട്ടെ എന്ന് പറഞ്ഞാൽ ആ അതിന് മഹാഭാരതമായി ഗീതം മാത്രം പറയും ഇതിനോന്ന് പറഞ്ഞൂടെ ഭാഷ്യധാരം പറയും അർജുനന് യുദ്ധം ചെയ്തേ തീരുമാന കാരണം അർജുനന്റെ ജാതിയാണ് അതിന് കാരണം ക്ഷത്രിയ ജാതി പിറന്നവനാണെങ്കിൽ അവന് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ യാതൊരു അവകാശമില്ല ജാതിയാണ് അവന്റെ കർമ്മത്തെ തീരുമാനിച്ചത് സ്വധർമ്മം നിന്റെ ജാതി ധർമ്മമാണ് മഹാഭാരതത്തിൽ നിങ്ങൾ ആദ്യന്തം നോക്കുക എല്ലായിടത്തും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ശാന്തിപൂർവത്തിൽ മുഴുവൻ ഇതാവ് ആദ്യം അവന്റെ ജാതിയെ കുറിച്ച് പറയും പിന്നീട് അവന്റെ ധർമ്മത്തെ കുറിച്ച് പറയും ജാതി പിറന്നോളും ആ പണി തന്നെ ചെയ്യും എന്തുകൊണ്ട് ആ പണി തന്നെ ചെയ്യണമെന്ന് പറയുന്നത് അതാണ് ശാസ്ത്രത്തിൽ ലഭിച്ചത് അന്ന് പറഞ്ഞു തസ്മാ ശാസ്ത്രം പ്രമാണിന്റെ കാര്യകാര്യ വിവസ്ഥ എന്തു ചെയ്യണം എന് ചെയ്യണ്ടെന്നുള്ളതിന് ശാസ്ത്രം നോക്കുന്നു ശാസ്ത്രജ്ഞർ എന്താ പറഞ്ഞിരിക്കുന്നത് എന്റെ ജാതി അനുസരിച്ചുള്ള പണികൾ ചെയ്യണം അതൊക്കെ ഇവിടെ ഭാഷ്യത്തിൽ വരും വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ല അതായത് ആ കാലഘട്ടത്തിൽ അന്നത്തെ ശരി അന്ന് സമൂഹം അംഗീകരിച്ച ശരി അതുകൊണ്ട് അർജുനത്തിൽ നിന്ന് മാറാൻ പറ്റില്ല അത് ചെയ്ത വ്യക്തി ൾ പട്ടാളക്കാരനാകുന്നു ഞാൻ ജാതി ജനിച്ചോണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് തൊഴിലില്ലായ്മ കൊണ്ടാണ് പല ജോലിക്കും കിടന്നു കാള്ളും ഭാഗ്യത്തിന് ഒരു പട്ടാളക്കാരനായ ഇത്രയും വാസ്തവം പിന്നെ കൊല്ലാൻ പഠിക്കുന്നൊക്കെ അവിടെ ചെന്ന് ട്രെയിനിങ് കൊടുക്കില്ല അതുവരെ അവൻ ചേർത്ത് അഹിംസാവാദി ഉണ്ട് അത് കയറി കഴിഞ്ഞാൽ പിന്നെ കൊന്നേ വരും കേട്ടില്ല ആ ഒരു സംശയങ്ങൾ മഹാഭാരതത്തിൽ സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ജാതിയുടെ അടിസ്ഥാനത്തിന് അത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇവിടെ ഭാഷകാരം പറയണ്ട എല്ലാ ഭാഷയതാരന്മാരും പറഞ്ഞിരിക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിൽ അപ്പൊ ഞാൻ ആദ്യത്തെ വ്യാഖ്യാനത്തിൽ നിന്ന് ശരിയാവില്ല ശരിയാക്കണം എന്റെ അഭിപ്രായമല്ല അഭിപ്രായം ഞാൻ അതിന്റെ ഞാൻ എന്നല്ല പറയുന്നു മഹാഭാരതത്തിൽ പറഞ്ഞിരുന്നു ഞാൻ പറയുന്നു അങ്ങനെ അതെങ്ങനെയാ ഇവിടെ പല ജാതികളും അങ്ങനെയാ മതധർമ്മ നാല് വർണ്ണങ്ങളല്ലേ ബ്രാഹ്മണയും ക്ഷത്രവും വൈശിച്ചുകൊണ്ട് അവരവരുടെ ജാതിയുടെ ധർമ്മം അവരവർ ചെയ്യണം ഇതാണ് മഹാഭാരതത്തിന്റെ കാര്യം പറയണം എന്താ പറയുന്നത് ഇത് ഇന്നത്തെ ലോകത്തിൽ എന്തുകൊണ്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല ഇത് രണ്ടായിരം വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറയുകയാണ് മനസ്സിലായി ഇന്നത്തെ ലോകത്തിങ്ങനെ അല്ല ചിന്തിക്കുന്നത് നല്ലത് ബോധമുണ്ട് അതീകാലത്ത് ജനിച്ചോണ്ട് സ്വാമി പറയുന്നൊക്കെ ശരിയാണ് എന്തുകൊണ്ട് ആധുനിക ലോകത്ത് ജനിച്ചതുകൊണ്ട് ജീവിച്ചോണ്ടും അങ്ങനെയൊക്കെ പറയുന്നു ഇത് രണ്ടായിരം വണ്ണം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഇന്നോട് എതിർക്കാൻ വരരുത് മനസ്സിലായി ഞാൻ നിരപരാധിയാണ് ഏ എന്താ പറഞ്ഞത് അല്ല ഈ ചിന്തിക്കുന്നത് പലരുടെയും മനസ്സിൽ ഇരിക്കുന്ന കാര്യമാണ് ചോദ്യം എനിക്ക് മനസ്സിലായി പക്ഷെ എന്ത് ചെയ്യാം ഞാൻ നിരപരാധിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഭാഗം കുഴപ്പം പിടിച്ചാണ് ഇതുപോലെയുള്ള ഭാഗം എവിടെ വന്നാലും കുഴപ്പം പിടിച്ചാണ് ഇവിടെയാണ് ആധുനിക വേദ വ്യാഖ്യാതാക്കൾ കൃത്രിമം കാണിക്കും അപ്പോ പ്രത്യേകിച്ചും എന്താണ് അങ്ങനെ കാണിക്കുന്നതിന് പ്രധാനമായ കാരണം അങ്ങനെ ഈ വ്യക്തതകൾ ഇതൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യൻ ഇത് മറിഞ്ഞ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ഇത് പറയുമ്പോ അംഗീകാരം കിട്ടും അപ്പൊ സമൂഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലും ആൾക്കാരുടെ രാഷ്ട്രീയത്തിന് വേഗം അപ്പൊ ആൾക്കാർക്ക് ഇതിന് കൃത്രിമം കാണിക്കേണ്ടി അതെല്ലാവരും ജീവിക്കാൻ വേണ്ടിയാ വ്യാഖ്യാനം ജീവിതമെന്ന് വെച്ചാൽ ചെറിയ ജീവിതമല്ല എല്ലാ അസുഖ സൗകര്യങ്ങളോടും കൂടെ ഉള്ളു അതുകൊണ്ട് കടുത്തമായ വ്യാഖ്യാനം എനിക്ക് ഒരു എങ്ങനെയാണോ എന്റെ മഹാഭാരതത്തിന്റെയും ഈ വ്യാഖ്യാതകം പറയുന്നതിനനുസരിച്ചുള്ള വ്യാഖ്യാനത്തിന് കിട്ടുന്ന ജീവിതം മതി അതി കൂടെ ഒരു ജീവിതമൊന്നും വേണ്ട അതുകൊണ്ട് ഞാനിങ്ങനെ വ്യാഖ്യാനിക്കും അപ്പൊ ഒരുപാട് അംഗീകാരങ്ങൾ ഒരുപാട് പ്രശസ്തി ഒക്കെ കിട്ടുനോങ്ങി കൃത്രിമമായി വ്യാഖ്യാനിച്ചത് അതാകുമില്ലാതെ ക്യാൻസർ കൾച്ചർ അത് വരുന്നത് സ്മദം എന്ന് പറഞ്ഞാൽ ബോധക്കേടാണ് എന്താണ് അർജുനന്റെ ബോധക്കേട് ഏത് നമ്മൾ നേരെ ധർമ്മധർമ്മ ധ്യാകുലം ഇവിടെ വ്യാഖ്യാനത്തിന് ധർമ്മം അധർമ്മം എന്താണെന്ന് ഉള്ളതിൻ്റെ ഒരു ആശംസ എന്നാണ് ധർമ്മം എന്താണെന്ന് സംശയിച്ചിട്ടുണ്ട് വേണ്ടത് വേണ്ട തീരുമാനിച്ചു ഇതാണ് ബോധം നഷ്ടപ്പെട്ടത് ടുത്ത് ശ്രീ ഭഗവാൻ വാച എന്ന് പറയുന്നിടത്ത് തുടർന്നു അർജുന എന്നെല്ലാം പറയുന്നത് എന്താണ് അർജുനനെ സൂചിപ്പിക്കുന്നത് ഇവിടെ വ്യാഖ്യാതാവും പറയുന്നത് ഖ്യാത വംശം വീര്യ ശ്രുത ഇതിന്റെ വംശം ഏതാണ്ട് വംശം ചരി വംശം എന്താണ് വീര്യം ഈശ്വര പോലെയുള്ള വലിയ വീരന്മാരോട് വംശം ശ്രുതം കീർത്തി കേട്ട വംശമാണ് അതിനെ സൂചിപ്പിക്കാൻ വേണം എന്ന് വെച്ചാൽ വംശയെന്ന് പറയുമ്പോൾ അന്ന് വംശം എന്ന് പറയുന്നത് എന്താണ് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വംശത്തെ സൂചിപ്പിച്ചുകൊണ്ട് അർജുനനെ ഉണർത്താൻ ശ്രമിക്കും ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും ഏതെങ്കിലും ഗുണത്തെ ഓർത്തിക്കാൻ വംശത്തെ ജാതിയെ ഓർത്തിക്കാനും എന്റെ ധർമ്മം അതാണ് അത് തന്നെ നീ ചെയ്യണം വിത്യാക്ഷിക്കം ഇമം വിഷമസ്ഥം ശോകം അവിത്വസേവിതം പരലോകനിരോധനം അകീർത്തികരം അതിക്ഷുദ്രം ഹൃദയ ഗവൺമെന്റിന്റെ നൃത്തം ഇതൊക്കെ എന്താണോ ഈ ശോകം ശ്ലോകത്തെക്കുറിച്ച് പറയുകയാണ് അവിത്വ സ്നേഹിതം അപ്പോൾ അവിദ്വസ്നേഹിതവും നമ്മുടെ അനാജ്ഠം എന്ന് പറയുന്നത് വേഖാതി അതങ്ങനെങ്ങനെ അർത്ഥമാണ് അതിന് താഴെ വൈകാൻ ആരാ ദൂരാ യാതാ ബുദ്ധി ഏഷ് വിദ്വാംസം ആര്യന്മാർ എന്ന് പറഞ്ഞാൽ വിദ്വാൻമാർ പണ്ഡിതന്മാർ അറിവുള്ളവർ തത് അനാര്യ വിദ്വാൻമാരല്ലാത്തവരുടെ അനാര്യന്മാർ ശബ്ദവിദ്പത്തി അനുസരിച്ചുള്ള അർത്ഥം ർഥം പറയുക ശബ്ദവിൽപത്തി ആര്യന്മാരെന്നു പറയുന്നൊരു വിഭാഗമാണ് ആര്യന്മാരെന്നറിയുമ്പോൾ ശബ്ദവിപത്തിഴയകാലത്ത് മറ്റ് ശാസ്ത്ര ശാസ്ത്രകളും വികാസം പ്രാപിച്ചിട്ടുണ്ടാക്കുന്നുണ്ട് അന്ന് ഇങ്ങനെ ഏത് കാര്യവും തീരുമാനിക്കുന്ന ശ്രദ്ധ കേട്ടുള്ള പേര് നടത്തുമ്പോഴത്തേക്കും ഇല്ലങ്ങനെയാണ് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇന്തോ യൂറോപ്യൻ ഭാഷ സംസാരിച്ചിരുന്ന ഒരു ജനവിഭാഗം അതാണ് ഞാൻ പറയുന്നത് എന്റെ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്ന ഒരു വിഭാഗം സെൻട്രൽ ഏഷ്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ പാസ്റ്റ്യൻ കടൽത്തിയിലും അറേബ്യ ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഇന്ത്യയിലേക്കും ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല ഒരു വിശാലമായ പോകുമ്പോൾ മൈഗ്രേറ്റ് ചെയ്തൊരു വിഭാഗമാണ് അത് പറയുന്നത് പരിണാമത്തിന്റെ തിയറി അനുസരിച്ച് മറ്റ് നിരവധി ജനറ്റിക്സ് അനുസരിച്ച് ഒരുപാട് പഠനങ്ങളിൽ നിന്നും നോക്കുകയാണ് ഒരുപാട് ഹൈപ്പോത്തിസിലാണ് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത വിഭാഗത്തിൽ നാലിന്മാരും പറയും അവരിന്ത്യയിൽ വന്നതിന് ശേഷം ഇന്ത്യയിലും തദ്ദേശീയരായിരുന്ന ജനങ്ങളുമായിട്ട് ഇടകലർന്നാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ജനങ്ങൾ പറഞ്ഞത് എന്നാണ് ഇന്നത്തെ ലേറ്റസ്റ്റ് ഹൈപ്പോത്തിസുകളെല്ലാം പറയും ഇതിനൊക്കെ അവര വ്യത്യാസങ്ങളുണ്ട് പ്രത്യേകിച്ചും ആര് ഇമേഷങ്ങൾ വരെ നിരത്തിയവരെ ഒരുപാട് യൂറോപ്യന്മാരുണ്ടാക്കിയ ഒരു തിയറിയാണ് അവരുടെ അന്വേഷനെ സാധൂദരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതെന്ന നേതൃത്വം ഉണ്ടായി പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ട് അങ്ങനെ അന്വേഷൻ എന്നുള്ള മാറ്റിയിട്ട് മൈഗ്രേഷൻ ഒന്നായി മൈഗ്രേഷൻ പറഞ്ഞു കാരണം ഔട്ട് ഓഫ് ആഫ്രിക്ക തിയറി അനുസരിച്ച് ലോകത്തുള്ള എല്ലാ മനുഷ്യരും മൈഗ്രേറ്റ് ചെയ്തവരാണ് ആഫ്രിക്കയിൽ ഉണ്ടായി അവിടെ നിന്ന് പുറത്തിറക്കി ലോകം മുഴുവൻ വ്യാപിച്ച ജനങ്ങളാണ് ലോകം മുഴുവൻ ഉള്ളത് പ്രണാമ ശാസ്ത്രം അതിന് സധൂകരിക്കുന്നത് കാരണം നിയാണ്ടർത്താൽ മനുഷ്യരുടെ തലയോട്ടികളൊക്കെ കിട്ടിയത് ആഫ്രിക്ക എന്ന ഒരു പ്രദേശത്തുമാണ് അതുകൊണ്ട് മനുഷ്യന്റെ ഉത്പത്തി ആധുനിക ഹോമോസാപ്പിയൻസിന്റെ ഉത്പത്തി അവിടെയാണ് എന്താണ് ആധുനിക ശാസ്ത്രം അതിനപ്പുറം ഒരു തെളിവ് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് പൂർണ്ണമായും സ്വീകരിക്കുന്നതാണ് അതനുസരിച്ച് നോക്കുമ്പോൾ എന്താണ് മൈഗ്രേഷൻ പലവരും ഉണ്ടായി ആദ്യം വന്നവരാണ് മോഹൻജാദോ ഹാലപ്പ കോസ് കോമിസോ തെക്കേ ഇന്ത്യയിൽ വന്ന ആദ്യം മൈഗ്രേറ്റ് ചെയ്തവരാണ് മൈഗ്രേറ്റ് ചെയ്തവരികൂടെ താമസിക്കുക മാത്രമല്ല തിരിച്ചവരുടെ തിരിച്ചങ്ങോട്ടും സഞ്ചരിച്ചു വന്ന സ്ഥലത്ത് തിരിച്ചു പോട്ടു കാരണം അവരങ്ങനെ ആണ് കന്നുകാരികളെ വളർത്തിയും അങ്ങനെ നായാടികളായി നാടോടികളായി ജീവിച്ചിരുന്നവരാണ് അപ്പൊ അവരിവിടെ വരികയും തിരിച്ചു പോകുക എല്ലാം ചെയ്യുന്നുവെന്ന് പറയുമ്പോ അത് മൈഗ്രേഷനാകും അപ്പൊ അതിൽ വന്ന ഒരു വിഭാഗത്തെയാണ് ആര്യന്മാരെ എന്ന് പറയുന്നത് അതിന് മുമ്പ് വന്നവർ ദക്ഷിണ ഭാരതത്തിൽ വന്നവരെ ഗ്രാവിഡരങ്ങളായില്ല ഒന്നായി കൂടിക്കുന്നത് ഇതിനെക്കുറിച്ച് ഒരുപാട് ഏജൻപിക്കാനായിട്ടുള്ള പഠനങ്ങളിൽ ഒരുപാട് നടക്കുക അപ്പൊ അങ്ങനെയൊക്കെയാണ് ആര്യന്മാരെ ഇന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഭാഷയിൽ പേരാണ് അതുകൊണ്ടാണ് ഭാഷയിലേക്ക് വിനോദവും പറയുന്നത് അപ്പൊ ഒരുപാട് പഠനം നടക്കുന്ന ഒരു വിഷയമാണ് കേവലം ഒരു വിസ്പത്തിയിലൂടെ വിദ്വാന്മാരെ എന്ന് പറഞ്ഞാൽ ആര്യന്മാരെന്ന് പറയുന്നതിന് സമാനമാകത്തില്ല പക്ഷെ അവനെ ആര്യന്മാർ ആണ് വേദം അവരുടെ വഴിയാണ് ആര്യ വേദം അറിയാവുന്നവർ ഒരു വിദ്വാൻമാരാണ് അങ്ങനെ പറയാം ആനീതയിലെല്ലാം പറയാം പക്ഷെ ചരിത്രം മനസ്സിലാക്കിയിട്ടല്ല ഇവിടെ പറയാം ഇവിടെ ഇതൊക്കെ പറയുന്ന പുരാണങ്ങളിലേക്കും അവർക്കെല്ലാം പ്രമാണമായിട്ടുള്ള പുരാണങ്ങളും വിശ്വാസങ്ങളും മാത്രമാണ് അനപ്പുറം ആന്ത്രോപോളജിയും കുറച്ചോ ഒന്നിവർക്ക് യാതൊരു വിവരമുള്ള ആൾക്കാർ അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇതല്ലാർക്കും പിന്നെ ജനറ്റിക്സ് എന്ന് പറയുന്നൊരു സാധനൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയൊക്കെ പറയാം അതാണ് അബ്ദസ് എന്ന് പറഞ്ഞു നാരിയൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ് എന്ത് ശോകം പരലോക വിരോധി ഇത് പരലോകത്തിന് വിരോധിയാണ് അർജുനന്റെ ശോകം പരലോകത്തിന് വിരോധി എന്ന് എന്തുകൊണ്ട് പറയും എന്തുകൊണ്ടാണ് അർജുനന്റെ ശോകം പല ലോകത്തിന് വിരോധി എന്ന് പറയുന്നത് ക്ഷത്രിയെ യുദ്ധം ചെയ്തു കഴിഞ്ഞ് മരിച്ചാലേ പല ലോകത്ത് പോവാൻ പറ്റും അപ്പോ ക്ഷത്രി യുദ്ധത്തിൽ നിന്ന് പിന്മാറി കഴിഞ്ഞാൽ അവന് പല ലോകം നഷ്ടപ്പെടും ഇതാവർത്തിച്ചാവർത്തി ഗീതയിലും പറയും അഥവാ സ്വപ്നം യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്ത് ഭീഷ്മരാവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഭീഷ്മരിങ്ങനെ ശരസേ കിടക്കുന്നതും സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് യുദ്ധത്തിൽ വീണ്ടിരിക്കുകയാണ് യുദ്ധൻ ആയുധത്തിൽ ഭീഷ്മർ ഒപ്പം എന്താണ് അക്ഷോഹി അങ്ങനെ കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിന് യുദ്ധത്തിൽ മരിച്ചാൽ യുദ്ധത്തിൽ ആരോ ആത്മഹത്യ ചെയ്യില്ലല്ലോ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ യുദ്ധത്തിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നത് കൊല്ലുമ്പോ മരിക്കും മരിക്കുമ്പോൾ നേരെ സ്വർഗത്തി എന്നാണ് കൂടെ പറയുന്നത് അങ്ങനെ സ്വർഗത്ത് അതാണ് സ്വർഗം എന്ന് പറയുന്നത് ക്ഷത്രിയത്തെ സംബന്ധിച്ച് ചിത്രം സ്വർഗ്യമാണ് അതൊക്കെ നമ്മുടെ ഈ കൾച്ചറ് കൾച്ചർ എന്ന് പറയുമ്പോ സോഷ്യൽ മൊറാലിറ്റി അതിനെത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതിൽ നമ്മൾ എന്ന് പറയുന്നത് പട്ടാളക്കാർ മരിച്ച എന്ന് പറയും എന്നും ആ വാക്കുകയോ അതാണ് ഈ മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെ ഒക്കെ സ്വാധീനമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മളെന്നറിയില്ല പട്ടാളക്കാരൻ മരിച്ച സ്വർഗത്ത് പോകുന്നതാണ് അതിന്റെ പട്ടാളക്കാർ യുദ്ധത്തിന് മരിച്ചാൽ സ്വർഗ്ഗത്ത് പോകുമെന്ന് അവിടെ പറയുന്നത് അത് മഹാഭാരത യുദ്ധത്തിലാണ് ദുര്യോധനനും പോയ ദിവസവും ഭീഷ്മരും പോയ സ്വർഗത്തെ ഇന്നത്തെ യുദ്ധത്തിലാണെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാരും മരിച്ച സ്വർഗത്ത് പോവും പാകിസ്ഥാനാണെങ്കിൽ ചത്തവും നമ്മുടെ ആണെങ്കിൽ അവര് സ്വർഗത്ത് പോകത്തില്ല അവര് വീരസ്വർഗം പ്രാപിക്കത്തില്ല മാറ്റമുണ്ട് എന്തുകൊണ്ട് ഇന്ത്യ വിരീചിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവര് സ്വർഗത്ത് പോകുന്നു ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ധാരണകൾ കാശിനും കൊള്ളാത്ത അപ്പൊ അവിടെ അക്ഷോഹിണിന്റെ അക്ഷോ എന്ന് പറഞ്ഞാൽ പറ്റില്ല അതിനു കൂടുതലാണ് അക്ഷോ അക്ഷോഹിണി ആ സമയത്തും മരിച്ചിട്ടും നേരെ സ്വർഗത്ത് ഒരാക്കേ പറ്റുള്ളൂ എന്തുകൊണ്ട് അത് വേറെ പ്രശ്നമാണ് ഭീഷ്മർ ഭീഷ്മർ എന്ത് ചെയ്തു ദക്ഷിണായനം കഴിയുന്നതുവരെ കിടന്ന് സ്വർഗത്ത് പോകാൻ ബാക്കിയുള്ളവരൊക്കെ പോയോ ബാക്കിയുള്ളവർ പോകത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഭീഷ്മരിങ്ങനെ കിടക്കേണ്ട കാര്യമില്ലല്ലോ ഈശ്വരന്തിനു കിടന്നു പോകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ബാക്കിയുള്ളവരോ പോയില്ല കാലം മോശമായും ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് എന്തായാലും പറയുന്നതാണ് ഈ സ്വർഗത്തെ നഷ്ടപ്പെടുത്തുകയാണ് യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗത്ത് പോകാം യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ സ്വർഗമില്ല ഭീഷ്മർ ആവർത്തിച്ച് ആവർത്തിച്ച കാര്യം പറഞ്ഞു ക്ഷത്രിയത്തിൽ മരിക്കണം സ്വർഗത്ത് പോകണം പിന്നെ ബ്രാഹ്മണനായ ദ്രോണര് യുദ്ധം ചെയ്തു മരിച്ചു സ്വർഗത്ത് പോയായിട്ട് പറയുന്നത് ബ്രാഹ്മണനായ യുദ്ധം ചെയ്തു മരിച്ചോണ്ട് പലരും കാണക്കെ പ്രത്യേകിച്ച് സഞ്ജയം കൊണ്ട് നേരെ സ്വർഗത്തിലേക്ക് ഏറെക്കൊള്ളുന്നു ബ്രഹ്മോസിൽ പോകുന്നത് ഒരു വെളിച്ചമായിട്ടിങ്ങനെ വേണ്ടി പോകുന്നതാണ് പറയുന്നു അപ്പം വേണ്ടി വന്നാൽ ബ്രാഹ്മണനായാലും കുഴപ്പമില്ല സ്വർണ്ണ യുദ്ധത്തിൽ മരിക്കണം അതാണ് എന്താ യുദ്ധത്തിൽ മരിക്കണമെന്ന് ഇത്രയും വാശി പിടിക്കുന്നത് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാണ് പറയുന്നത് മാറത്ത് അമ്പുകൊണ്ട് മരിക്കണം യുദ്ധത്തിൽ നൂറ് കാരണം വെച്ചാലും എന്ത് ചെയ്യാൻ പാടില്ല ഇതൊക്കെ വിധിയാണ് എത്രയേനും വിധിച്ചിരിക്കുകയാണ് ചെയ്തേ പറ്റും അത് ജാതകർണ്ണയത്തിന്റെ നിയമം അതാണ് ഇവിടെ നിൽക്കുന്നത് പരലോകവിരോധി നമ്മൾ പരലോകത്തിനു വിരോധിയാണ് സർഗത്ഭോകാൻ പറ്റത്തിട്ടാണ് അകീർത്തി കലം അതെ അകൃത്തി ഉണ്ടാക്കുന്നില്ല അല്ല ലോക അനുമതവും പറയും അവൻ ക്ഷത്രിയനാണ് അവൻ യുദ്ധം ചെയ്തില്ല ലോക അതിക്ഷുദ്രി അങ്ങനെയുദ്രമായ അപ്പൊ ഇവിടെ പരമാവധി എന്താ ചെയ്യുന്നത് ആ ക്ഷത്രിയെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയായിരിക്കും അർജുനോട് ഇവിടെ വ്യാഖ്യാതാവ് പറയുന്നതിനനുസരിച്ച് ഭഗവാൻ യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് യുദ്ധം ചെയ്തെങ്കിലും ഇവിടെ മാത്രമല്ല സ്വഭാവ അവിടെ എങ്ങനെയാണ് അനുസ്മര യുദ്ധിച്ചു യുദ്ധമായ കൃതനിശ്ചയം ഇവിടെ എല്ലായിടത്തും യുദ്ധം യുദ്ധം യുദ്ധം യുദ്ധത്തിന്റെ ഒരു മുറവിടിയാണ് ഗീതയിൽ നിന്നത് എന്നുള്ള അതാണ് ഇവിടെയും പറയുന്നത് അതിന് ഇതുവലിയ സ്വീകാര്യത ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ഗീതയെ നമുക്ക് രക്ഷിക്കണമെങ്കിൽ എങ്ങനെ വ്യാഖ്യാനിക്കണം യുദ്ധം ഇല്ലെന്ന് തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട് അത് സത്യസന്ധതയില്ലെന്ന് ഇന്ന് അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിട്ടാണ് അവർക്ക് അത് ഇഷ്ടപ്പെട്ടത് അുദ്ധമൊന്നും ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെയൊക്കെ അർത്ഥം വേറെയാണോ എന്തർത്ഥം ഞങ്ങൾ പറയുന്നത് അഹിംസ യുദ്ധമെന്ന് പറഞ്ഞ അഹിംസയാണ് അങ്ങനെ വ്യാഖ്യാനിച്ച രക്ഷപ്പെടുത്തുന്നതിന് പകരം എന്റെ അഭിപ്രായങ്ങൾ ഇതൊക്കെ ഒരു രണ്ടായിരം വർഷം മുമ്പുള്ള കാടൻ നീതിയുടെ കാര്യങ്ങളാണ് വരുന്നത് കാടൻ നീതിയാണ് ബാർബേറിയൻസിന്റെ നീതിയാണ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം തന്നെ ഇപ്പം ഗീതയെ അത് സ്പർശിക്കട്ടെ എന്നിട്ട് ഗീതയുടെ നല്ല ആശയം നമ്മൾ അതിൽ നിന്നോട് ഊരി എടുക്കും ഇങ്ങനെ ഊരി കളയെന്നാണ് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് സൗകര്യമുള്ള ഇല്ല ഇതാണ് സത്യസന്ധമായ നിലപാടെന്നാണ് എന്റെ അഭിപ്രായം അതുകൊണ്ട് അതെല്ലാം ബലിത്തിൽ യുദ്ധായ പ്രതിഷ്ഠ അതായത് അങ്ങോട്ട് ചെല്ലുമ്പോ ഭഗവാൻ അർജുനനെ ധ്യാനിക്കാനും പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് ഒരുന്തോട് പുറത്തിരുന്നു അപ്പൊ അർജുനൻ ചെല്ലുമ്പോ എഴുന്നേക്കാൻ പറഞ്ഞ യോഗ ചെയ്യാൻ വേണ്ടി എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരൊക്കെ കേട്ടോ യോഗ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഴുന്നേൽക്കാം എന്തുകൊണ്ട് ഇനി പഠിപ്പിക്കുന്ന യോഗയാണോ എന്താ യോഗമാണ് അതുകൊണ്ട് ഇവിടെ ആചാരത്തിൽ ഒരു സംശയമില്ല എന്താ പറഞ്ഞിരിക്കുന്നത് അത് പദ്യത്തിൽ എട്ട പറഞ്ഞിരിക്കുന്നത് യുദ്ധമായാണ് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി എഴുന്നേക്കും ശ്രീ ഭഗവാനുമായിട്ടാണ് അപ്പോൾ അതാണ് ഞാൻ വലിയൊരു വ്യാക്ഷതരന്മാർ അവരന്നത്തെ കാലത്ത് എങ്ങനെയാണോ അതനുസരിച്ച് തന്നെ വ്യാഖ്യാനിച്ചു അത് ഇവരുടെയൊക്കെ കാലത്തും അവരൊക്കെ കുറെ ശരിയുണ്ട് മനുഷ്യൻ ഈ രണ്ടായിരം വർഷത്തെ വളർച്ച വന്നപ്പോഴാണ് ഇതൊക്കെ തെറ്റാണല്ലോന്ന് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയത് നമ്മള് ചിന്തിക്കാൻ തുടങ്ങിയിട്ടോ അതുകൊണ്ടാണ് ഇന്ന് നടക്കുന്നത് അതല്ല പരിഹാരം എന്നിപ്പോഴാണ് മനുഷ്യർ ഗൗരവമായി ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് എവിടെയെങ്കിലും യുദ്ധം നടക്കുമ്പോൾ ആൾക്കാർ വേള ഉണ്ടാക്കുന്നത് അന്നിരത്തണം നിർത്തണം അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് വിഭാഗം പക്ഷെ അന്ന് ഈ രണ്ടായിരം വർഷത്തിന് മുമ്പ് ഇങ്ങനെയുള്ള ചിന്തകളുണ്ടായിരുന്നു എന്തുകൊണ്ടായിരുന്നു യുദ്ധത്തിന്റെ കഷ്ടതകൾ കണ്ടിട്ട് ഇങ്ങനൊരു ചിന്ത യുദ്ധം വേണ്ടെന്നുള്ള പറയുന്ന യുദ്ധമായ എന്നാലും ഭഗവാൻ അങ്ങനെ യുദ്ധം ചെയ്യാൻ പറയാമോ ഇത് ചിലട എന്താണോ മശിപ്പഴപ്പത്തിലാകുന്ന ഒരു കാര്യമാണ് എന്നാലും ഭഗവാൻ യുദ്ധം ചെയ്യാൻ പറയാമോ പറയാമോ ഏ പറയുന്നത് ശെരിയാണോ ശരിയോ തല്ലോ ഭഗവാൻ എന്താ പറയുന്നത് എഴുതിയാള് പറയുന്നത് ആദ്യം അത് മനസ്സിലെപ്പോലെ ഇരിക്കണം ബാക്കിയുള്ള എല്ലാം എന്താണ് ഏ ആ കഥാപാത്രങ്ങളാണ് ഇത് എഴുതിയാളെന്ന് തന്റെ ആശയം പറയണം അത് ഓരോരുത്തരുടെ കൂടെ പറയുന്നത് എന്താ ഭഗവാൻ ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത് എഴുതിയാളെന്ത ചെയ്തു ഭഗവാന് അർജുനന് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാം എന്നാ ഞാൻ ഭഗവാൻ ഇല്ല തന്നെ അതായത് എഴുത്തുകാരുടെ സാമത്യം ഇത് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം ഇനിയും ണ്ടെന്ന് ഭാവി ഒരു നൂറ് കൊല്ലവും കഴിയുമ്പോഴത്തേക്ക് ചില ആൾക്കാർ ചിന്തിച്ചാൽ മനസ്സിലാവും ഇപ്പൊ ഇതൊക്കെ മനസ്സിലാവും എന്നുള്ള കാര്യം വലിയ സംശയമാണ് അർജുന കഥം ഭീഷ്മീതൂചന വിശ്വചിത്വ മഹാൻ ഭാവാ ശ്രേയോഭോക്തം ഭക്ഷിക്കും അനേകം ശ്രേയോഭോക്തം ശ്രേയസ് അനുഭവിക്കുന്നതിന് അതുപോലെ ശ്രേയച്ചർത്ഥം ശ്രേയസ് ആചരിക്കുന്നതിന് എന്നൊരു പാഠഭേദം ഈ പാഠഭേദങ്ങളൊക്കെ കൊണ്ടുവന്ന ജീവിതത്തിൽ അട്ടിപ്പണി എഴുതിയാണ് ഭാഷ്യത്തിനും അല്ലെങ്കിൽ അതിൻ്റെ വൈകാര്യത്തിനും ഒന്നിങ്ങനെ ഒരു പാഠം ചെയ്തുകൊണ്ടൊന്നും വ്യക്തമായി പറയുന്നു എവിടെയെങ്കിലും കാണും വരുന്നത് ഒരാൾ കൊണ്ടുവരത്തില്ലല്ലോ നാമം സുഗു ദൈവം പൊഞ്ചിയ ഭോഗാന ഒരു ദിന പ്രതി ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ് അഹിംസയുടെ നമ്മൾ പറയാറില്ല അഹിംസ പരമോധർമ്മം അഹിംസയാകുന്ന പരമമായ ധർമ്മത്തെയാണ് ഈ പറയുന്നത് അപ്പൊ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ആ എഴുതിയാളല്ലേ ഇത് എഴുതിയത് യുദ്ധം ചെയ്യിക്കും ചെയ്യും എന്ന് എഴുതിയാളല്ലേ ഇത് എഴുതിയത് അവന്റെ ഇതെഴുതിയില്ല എന്തിനായിരവുമായ അഹിംസ എന്തിനിയാണോ പരവുമായ അഹിംസയ്ക്കും മേളിൽ നിൽക്കണമെന്ന് രണ്ടു ഇടത്തു കാണിക്കുന്നത് അഹിംസയെ കുറിച്ച് ബോധമില്ലാത്ത ആളുകഴു അഹിംസയെ കുറിച്ച് നല്ലോണം അറിയാം പക്ഷെ അഹിംസയ്ക്കും മേളിൽ എന്ന് നയിക്കണം അതാണ് ഇവിടെ എന്ത് ചെയ്തോ അഹിംസയെ പൂർവോക്ഷമാക്കിയിട്ട് ഹിംസയെ സിദ്ധാന്തമാക്കി അഹിംസയെ പൂർവോക്ഷമാക്കിയിട്ട് ഹിംസയെ സിദ്ധാന്തമാക്കണമെങ്കിൽ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ ഇന്ന് ഉപയോഗിക്കുന്ന ഒരേ ഒരു വാക്കാണെന്ത് ബാർബേറിയൻസ് ഇത് അർജന്റനെയോ ഭഗവാനോ ഒന്നും ബാധിക്കുന്ന കാര്യമില്ല ഇത് എഴുതിയാലെ കുറിച്ചാണ് ഞാനീ പറയുന്നത് മനസിലായില്ല അതാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന പഠിപ്പിട്ട് പ്രയാസമൊന്നും തോന്നരുത് പ്രയാസം തോന്നിയാലും എന്റെ നേരെ പ്രയാസമൊന്നും കാണിക്കരുത് ഞാനിത് പുറത്തിറങ്ങി ആരോടും പറയത്തില്ല നിങ്ങളോട് മാത്രമേ പറയത്തുള്ളൂ നിങ്ങളങ്ങനെ പേടിക്കില്ല ഇവിടെ ഇല്ല ഞാൻ പറയത്തുള്ളൂ എന്നാണ് ഞാൻ പുറത്തിറങ്ങി പറയാറ് മ്മ എന്നോട് പറഞ്ഞു എന്നാണ് നമ്മുടെ അവിടുത്തെ ആ ചാനലിന് എന്റെ ഒരു പരിപാടി പറഞ്ഞത് നല്ല ഉദ്ദേശിക്കണ്ട പറയുന്നത് ഞാൻ തയ്യാറായിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ഏതായിരിക്കും പറയുന്നു എന്റെ എന്താണ് ഇവിടെ നടക്കുന്നത് നിനക്കറിയാം അറിയാമല്ലോ എനിക്ക് എന്നോട് വഞ്ചനാണെങ്കിൽ എനിക്ക് ൾക്കാര്ക്ക് പിടിക്കത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പബ്ലിക്കായി പറയാറ് പറഞ്ഞോണ്ട് വല്യ ഉപകാരം സ്വാമി ചെയ്യുന്ന ഒരു വല്യ ഉപകാരം എന്ത് ഞങ്ങളോട് ഇത് പറയുന്നല്ല പുറത്താരോടൊന്ന് പറയാതി അത് എന്നോട് പറഞ്ഞ ആൾക്കാർ അമ്പത്തന്നെ ഇരിക്കുന്നുണ്ട് അതാണ് നിന്റെ യാഥാർഥ്യം അല്ലെന്ന് പറയാൻ ധൈര്യമുള്ള എന്റെ ഉപ്പവരട്ടത് എനിക്കൊന്ന് കേൾക്കണം എങ്ങനെയാ പറയുന്നത് ഒരു നിർബന്ധമുണ്ടോ പറയുന്നവൻ സംസ്കൃതം പഠിച്ചവനായിരുന്നു എന്നാ മറ്റേ സ്വാമിയുടെ വ്യാഖ്യാനം കേട്ടിട്ട് വരരുത് അങ്ങനെ ഞാൻ അറ്റന്റ് ചെയ്തില്ല പൈസ അവര് എന്താണ് രാമാനുജ ഭാഷയും ശാങ്കരഭാഷയുമൊക്കെ പഠിച്ചിട്ട് വന്നു എന്നിട്ട് വന്ന അവരെ ഞാൻ ബോധ്യപ്പെടുത്തി